പറയുക തന്റെ ദാസന്മാർക്കായി അള്ളാഹുസുഹാനുഭവ ചായാലിച്ച അലങ്കാരങ്ങളെയും ഉപജീവനത്തിലെ നല്ല വസ്തുക്കളെയും ആരാണ് നിഷിദ്ധമാക്കിയത് പറയുക ഈ ദുനിയാവിൽ വിശ്വസിച്ചവർക്കവയുണ്ട് പുനരുദ്ധാന നാളിൽ അവ അവർക്കു മാത്രമുള്ളതാണ് അറിവുള്ള ഒരു ജനവിഭാഗത്തിനുവേണ്ടി ഇപ്രകാരം നാം ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുന്നു